മൂലരചന വില്യം ഷേക്സ്പിയർ റേഡിയോ രൂപാന്തരം കെ വത്സൺ കുഞ്ഞിമംഗലം അഭിനേതാക്കൾ രചിത മധു ഷേളി മാത്യു കെ പി ശ്രീജ കരുവല്ലൂർ മുരളി പി ടി മനോജ് ഹരിദാസ് ചെറുകുന്ന് രവീന്ദ്രൻ പട്ടേന കട്ടക്കുളം രാമചന്ദ്രൻ ഗംഗാധരൻ ചെറുവത്തൂർ എം വി ബാബുരാജ് ആർ വിമലസേനൻ നായർ വി ചന്ദ്രബാബു എം എസ് വാസുദേവൻ പി വി ഹരീന്ദ്രൻ കുഞ്ഞികൃഷ്ണൻ പരിയാരം എം ബിജു സി സീമ എനിക്ക് തന്നെ നിശ്ചയമില്ല എന്താണ് എന്നെ ഇങ്ങനെ വേകുലപ്പെടുത്തുന്നതെന്ന് അത് ആന്റോണിയോ നിറയെ ചരക്കുമായി താങ്കളുടെ കപ്പലുകളെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെ കാറ്റും ഗോളും നിറഞ്ഞ കടൽ താണ്ടി ഓരോന്നും ഓരോ കറിയെടുക്കും വരെ ഇങ്ങനെയുള്ള അസ്വസ്ഥത സ്വാഭാവികമാണ് അല്ലേറിയ അതല്ല അതിന്റെ ഉത്കണ്ഠ എന്നെ ഒട്ടും ആദ്യമായിട്ടല്ലോ എന്റെ കപ്പലുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എങ്കിൽ താങ്കൾ വല്ല പ്രേമ കുരുക്കലും ചെന്ന് ചാടിയിരിക്കണം എന്നാ പിന്നെ ഈ ദുഃഖ കാരണം മറ്റൊന്നുമല്ല എന്താ കാരണമില്ലാത്ത സങ്കടം അതത്ര നന്നല്ല കേട്ടോ ചാതിഷാറാവ് ആനന്ദിക്കാനുള്ള വല്ല വഴിയും നോക്ക് കൂട്ട് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറ പറ്റിയ കൂട്ട് വേറെ വരുന്നുണ്ട് ഇയാളുടെ ആത്മസുഹത്ത് കൂടാതെ നിങ്ങൾ രണ്ടും ജീവിച്ചിരിപ്പുണ്ടോ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടേ എന്നാൽ ആ ഭാഗത്തേക്കൊന്ന് വാടോ ഇന്ന് രാത്രി അല്ല ആനന്ദിക്കാൻ വല്ല വകയുമുണ്ടോ അത് വന്നാൽ നിങ്ങൾ നമ്മുടെ ആന്റോണിയോ സാറിനെ ഒന്ന് ആശ്വസിപ്പിക്ക് മൂപ്പർക്കെന്തോ ഒരു വിഷാദം ോവിനെ കിട്ടി ഇനി ഞാനും ഗ്രഷ്യാനോ മറ്റൊരു വഴിക്കാണ് ശരി ലോറൻസോ രാത്രി എത്താൻ മറക്കല്ലേ ഏയ് മറക്കില്ല ഗ്രഷ്യാനോ വാ നമുക്ക് പോകാം അല്ല നീ എന്താ ആന്റോണിയോനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത് ആ പഹയന്മാർ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ചതാ സംഗതി സത്യം എന്തു പറ്റി പ്രഭോ ഏ പ്രത്യേകിച്ച് ഒന്നുമില്ല രക്ഷയാനോ അത് വീട് എനിക്കറിയാം ഏത് കാര്യത്തിലും അവിടുന്ന് ലോകാഭിപ്രായത്തെ വേണ്ടതിലേറെ മാനിക്കുന്നു വാട്ടി കൊടുത്തടി വാങ്ങുന്ന ഏർപ്പാട് ശരിയായിരിക്കാം എന്റെ കണ്ണിൽ ലോകമൊരു രംഗ വ്യതിയാണ് ും ഓരോ വേഷം എന്റേത് ഒരു വിഷാദ വേഷമാകട്ടെ അത് കളസാറ അതാരോഗ്യത്തിന് ഹാനികരും എന്റെ ഈ വേഷം ഒന്ന് പരീക്ഷിച്ചു നോക്കരുതോ ആ മതി മതി പിന്നീടാവാം ഓരവമുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ അത് അത് അത് പറയാൻ മടിയുണ്ട് എന്തു ചെയ്യാം ഞാനൊരു ധാരാളിയായിപ്പോയില്ലേ എന്റെ ഭാരിച്ച കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പോംവഴിയാണ് വിഷയം മടിക്കാതെ പറയൂ എന്റെ സഹായമെന്തെങ്കിലും താങ്കളുടെ സഹായങ്ങളൊന്നും തിരിച്ചു തരാൻ ഇന്നേ എനിക്ക് കഴിഞ്ഞിട്ടില്ല ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തുറന്നു പറയൂ ഇപ്പോൾ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് കാര്യമെന്താണ് പ്രിയസുഹൃത്തേ ബെൽമോണ്ട് എന്ന സ്ഥലത്ത് ഒരു പ്രഭുകുമാരിയുണ്ട് വമ്പിച്ച സ്വത്തിൻ്റെ ഏകാവകാശി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിസുന്ദരി പേര് പോഷ്യ പലപ്പോഴായി ഞങ്ങൾ കള്ളുമുട്ടിച്ചു പരസ്പരം അടുത്തു ഇപ്പോൾ പല ധനിക യുവാക്കളും അവളെ വിവാഹം ആലോചിച്ചെത്തുകയാണ് ഉടനെ ഞാനതിന് തയ്യാറായി ചെന്നില്ലെങ്കിൽ എനിക്കവളെ നഷ്ടപ്പെടും പ്രശ്നം പണമാണ് അതിന് ഞാനിപ്പോൾ ഞെരുക്കത്തിലാണ് കപ്പലുകൾ തിരിച്ചു വന്നാലേ എന്റെ കയ്യിൽ പണമുണ്ടാവും ആ എങ്കിലും നിരാശപ്പെടേണ്ട എന്റെ ജാമ്യത്തിൽ നീ ആരോടെങ്കിലും കടം ചോദിക്കുക ഞാനും ശ്രമിക്കാം ഈ വിചിത്ര ലോകം എന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നു സമ്പത്തേറെ കൂടിയാലും തീരെ കുറഞ്ഞാലും മധ്യനിലയാണ് മനസമാധാനം തരുന്നത് നിന്റെ ഇത്തരം തത്വവചനങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ ഒരു ഭർത്താവിനെ വരിക്കുന്ന കാര്യത്തിൽ അതൊന്നും എന്നെ സഹായിക്കുന്നില്ല ഒരു വരനെയും തള്ളാനോ കൊള്ളാനോ യാതൊരു സ്വാതന്ത്ര്യവും എനിക്കില്ലാത്തത് ക്രൂരമായ വിധിയല്ലേ മരണപത്രത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത് എത്രമാത്രം ക്ഷീണിപ്പിക്കുന്നു പോർഷ്യ നിനക്ക് അനുയോജ്യനായ കിട്ടാനാണ് അദ്ദേഹം ഈ വിധം നിഷ്കർഷിച്ചത് വിവേകിയായ ഒരാൾക്കെ ഈ മത്സരത്തിൽ ജയിക്കാൻ കഴിയൂ ആ ഒരു ഹൃത്യുവാദുക്കൾ വന്ന് നിൽക്കുന്നു എന്തോ വാർത്തയുണ്ട് ചോദിച്ചു പുതിയൊരാൾ എത്തിയിട്ടുണ്ട് മൊറോക്കോ രാജകുമാരൻ എന്റെ ദൈവമേ മൂവായിരം രൂ ശരി അതേ സർ മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ശരി പറഞ്ഞല്ലോ അന്റോണിയോ ജാമ്യം നിൽക്കും അന്തോണിയോ ജാമ്യം നിൽക്കും അന്തോണിയോന്റെ ജാമ്യത്തിന്മേൽ മൂവായിരം സ്വർണനാണയങ്ങൾ മൂന്ന് മാസത്തേക്ക് അതെ സാർ അത്യാവശ്യമാണോ അന്തോണിയോ ും വെള്ളത്തിലല്ലടോ എന്താ ഇതിനൊക്കെ ഉറപ്പ് നല്ല ജാമ്യക്കാരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തിയില്ല നമ്മൾക്കൊന്നാലോചിക്കണം ശരി ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ഒരു വിരുന്ന് സൽക്കാരമുണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു നേരം പോക്കാണ് ഷൈലോക്ക് സാറിന് അങ്ങോട്ടേക്ക് ക്ഷണിക്കുക പന്നിയിറച്ചിയും കൂട്ടി ഉണ്ണാൻ അല്ലേ നിങ്ങളുടെ പ്രവാചകൻ നസ്രേ പിശാജിന്റെ ആത്മാവിനെ പിടിച്ച് കടത്തിവിട്ട ജന്തുവിന്റെ മാംസം തിന്നാൻ എടോ നമ്മൾ ക്രിസ്ത്യാനികളോട് ഇടപാട് നടത്തും വർത്താനം പറയും കൂടെ നടക്കും പക്ഷേങ്കിൽ നിങ്ങളുടെ കൂടെ തിന്നൂല കുടിക്കൂല്ല പ്രാർത്ഥിക്കുന്ന കാര്യം പറയാനുമില്ല ൊടുക്കുന്ന ഈ പുണ്യവാളന്റെ പാരപ്പണി നമ്മൾക്ക് എത്ര നഷ്ടം വരുത്തി നമ്മളെയും നമ്മളുടെ വർഗത്തെയും നിന്നിച്ചും അപമാനിച്ചും നടക്കലാണല്ലോ ആ പന്നീന്റെ മോന്റെ പണി ആ ജന്മ ശത്രു ഇവനെ ഒന്ന് കൊടുക്കാൻ എത്ര കാലമായി നമ്മൾ നോക്കുന്നു ഈ ദ്രോഹിക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ ജൂതകുലത്തിൽ പിറക്കാതിരിക്കണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കാടോ ഇടപെടേന്ന് ഇത്രയും വലിയ സംഖ്യ ഉപ്പിക്കാൻ പറ്റുമോന്ന് ആ നോക്കട്ടെ നമ്മളുടെ അസ്മാതി ഉണ്ടല്ലോ ട്യൂബെൽ ൂപ്പറ ഇമാതിരി സമയത്ത് നമ്മളെ സഹായിക്കുന്നത് നിന്നെപ്പറ്റി നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ ദീർഘായുസ് ഞാൻ പലിശക്ക് പണം വാങ്ങാറോ കൊടുക്കാറോ ഇല്ലെങ്കിലും എന്റെ ഈ സ്നേഹതന്റെ ഒരു അടിയന്തര ആവശ്യം നിവർത്തിക്കാൻ പലിശ കൂടാതെ നമ്മളും നിങ്ങൾക്ക് പണം തരണം എന്നല്ലല്ലോ പലിശ തരാം എന്ന് തന്നെ നിന്റെ ഈ ചങ്ങാതി നമ്മള് പരസ്യമായി അവഹേളിക്കുന്നത് കേട്ടിട്ടുണ്ടോ തെരുവുനായ കഴുത്തറപ്പൻ ചതിയൻ കൊള്ളക്കാരൻ കൊലയാളി ഇങ്ങനെയൊക്കെയാ ഷൈലോക് സന്ദർഭം വന്നാൽ ഇനിയും അതൊക്കെ ഞാൻ ആവർത്തിച്ചേക്കും ഇപ്പോൾ നിങ്ങളോട് കടം ചോദിക്കുന്നത് മിത്രമല്ല ശത്രുവാണ് യുക്തമായ ഒരു കരാറന്മേൽ കരാർ പാലിക്കാത്ത പക്ഷം നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാം തിളച്ചും എടോ നമ്മൾ നിങ്ങളെപ്പോലെയല്ല മരക്കും? പൊറുക്കും ക്ഷമ നമ്മൾ ജൂതന്മാരുടെ സ്വഭാവമാ അറിയോ ഒരു ചില്ലിയുടെ പലിസ കൂടാതെ നമ്മൾ നിങ്ങൾക്ക് പണം തരും അറിയോ ഷൈലോക് ഇത് വലിയ ദയവാണ് പക്ഷേങ്കിലേ അതിങ്ങോട്ടും കാണിക്കണം ഇതും ഇതിലപ്പുറവും പറഞ്ഞ് മുതൽ പോലും തരാതെ തടിതപ്പിയ ബിരുദന്മാരുണ്ട് അറിയോ ഞങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ വെറും വാക്ക് പറഞ്ഞാ മതിയോ പറഞ്ഞല്ലോ കരാറുണ്ടാക്കാം ശരി പറയുന്ന സമയത്തും സ്ഥലത്തും വെച്ച് മുതൽ മടക്കി തന്നില്ലെങ്കിലോ പിഴ വസൂലാക്കും എന്ത് പിഴ ഒരു തമാശയായി വെറുങ്ങനെ ഒരു കളിയായിട്ട് ഒരു പൗണ്ട് മാംസം നിന്റെ ദേഹത്തു നിന്ന് എടുക്കാനുള്ള അവകാശം നമ്മൾക്ക് അത് ശരിയാവില്ല അങ്ങനെ ഒരു കരാർ പറ്റില്ല ഈ പണം എനിക്ക് വേണ്ട ഭയപ്പെടാതെ ബസാനിയോ മൂന്നല്ല രണ്ടു മാസത്തിനകം ഇതിന്റെ എത്രയോ ഇരട്ടി തുക എന്റെ കയ്യിലെത്താനിരിക്കേ എന്തിനു ഭയപ്പെടണം ഷൈലോക് നിങ്ങൾ നമ്മുടെ വക്കീലിന്റെ ഓഫീസിലേക്ക് നടക്കും നമ്മൾ പണവും കൊണ്ട് അവിടെ എത്താം ഈ ആർത്തിപ്പണ്ടാരം ഇത്തിരി നന്നായ ലക്ഷണമുണ്ട് ഇല്ല ഇതൊരു നിർദോഷമായ വ്യവസ്ഥയായി എനിക്ക് തോന്നില്ല ഈ മനുഷ്യൻ പരമദുഷ്ടനാണ് ഏത് ദുഷ്ടനും ചില നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല പക്ഷേ ദുരുദ്ദേശത്തോടെ മാത്രം നീവ ക്ഷമിക്കാതിരിക്കേ ഈ കരാർ വെറും ഒരു നേരം പൊക്ക എങ്ങനെയും കാര്യം നടക്കട്ടെ ഏ സുന്ദരി എന്റെ ഈ കറുകുറുത്ത ദേഹം കണ്ട് ഭവതി വിഷമിക്കരുത് ഇതിന് നിങ്ങൾ വെളുത്തവർക്കില്ലാത്ത മേന്മകൾ പലതുമുണ്ട് എന്നെ കണ്ടാൽ ഏത് ധീരനും ഒന്ന് വിറക്കും പിന്നെ മൊറോക്കോയിലെ സുന്ദരികളെല്ലാം എന്നെ ആരാധിക്കുന്നവരാണ് എന്നാൽ എനിക്കിഷ്ടമായത്യെ മാത്രം പക്ഷേ രാജകുമാര ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവിടെ കാര്യമില്ല അറിയാമോമനെ ഇതാ ഈ ഉടവാൾ കൊണ്ടാണ് ഞാൻ പേർഷയിലെ രാജാവിനെ വധിച്ചത് ഇതിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യട്ടെ ഭവതിക്ക് വേണ്ടി ഏത് ഭയങ്കരനോട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാർ െ അറിയാമല്ലോ അതിനു മുൻപ് പ്രതിജ്ഞ എടുക്കണം ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ പിന്നീട് ഒരിക്കലും വിവാഹം കഴിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല ശരിക്കും ആലോചിച്ചിട്ടാവാം ഈ സാഹസം ഇനി ആലോചിക്കാനൊന്നുമില്ല ശരി എങ്കിൽ ആദ്യം ദേവാലയത്തിൽ വെച്ച് പ്രതിജ്ഞ പിന്നെ അത്താഴം അത് കഴിഞ്ഞ് പരീക്ഷണം അത് കഴിയുമ്പോൾ ഞാൻ മഹാഭാഗ്യവാനോ പരമനിർഭാഗ്യവാനോ ആകുമല്ലേ മിസ്റ്റർ ബസാനിയോ ആ എന്താ കൃഷിയാനോ ഒരപേക്ഷയുണ്ട് കേൾക്കട്ടെ എന്നെയും കൂട്ടണം ബെൽമൗണ്ടിലേക്ക് അതിന് മൂന്നുവട്ടം ആലോചിക്കണം അയ്യോ അങ്ങനെ പറയലേ രംഗബോധമില്ലാത്ത നിന്റെ വായാടിത്തം ഇവിടെ പറ്റും പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ അവിടെ കുഴപ്പത്തിലാവില്ല ആരു കണ്ടു ഇല്ല ഞാനൊരു പ്രാർത്ഥനാ പുസ്തകം എപ്പോഴും കൊണ്ട് നടക്കാം എന്തു കേട്ടാലും ആമന്ത്രണം മാത്രം പിടിവിട്ടു പോയാ ഹാമയും പറഞ്ഞു ഒതുക്കാം പോരെ ഇത് പാലിച്ചില്ലെങ്കിൽ മേലാലും വിശ്വസിക്കണ്ട എന്നാൽ ഇന്ന് രാത്രി നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇന്ന് രാത്രി അത് ഒഴിവാക്കണം ഇന്ന് രാത്രി തിമിർക്കാനുള്ളതല്ലേ തെറിച്ച സന്തതികളെല്ലാം ഇങ്ങെത്തും അടിച്ചു തകർക്കാൻ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും ലോറൻസോവും ഞാനും ഒരുമിച്ചെത്താം ഇപ്പം പോകുന്നു കൊച്ചമ്മോ ലോറൻസ് െ വിട്ടു പോവാണല്ലേ കൊച്ചമ്മ വിചാരിച്ചാ പോവാൻ തോന്നൂല കൊച്ച അപ്പനെ ഓർത്ത ഓടി പോവാൻ തോന്നും എന്റെ അച്ഛൻ പറഞ്ഞു ഇനിയും നീ ഷൈലോക്ക് സാറിന്റെ വീട്ടുമലി ചെയ്താല് കാഞ്ഞു പോവാടാന്ന് ഓ നിന്റെ അച്ഛൻ വന്നിരുന്നോ എന്നിട്ടെന്റെ എന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ട് കേറിയില്ല കൊച്ചമ്മൂ വഴിക്ക് വെച്ചു തന്നെ മടങ്ങി അതെന്താ ലോൺസ് വഴിയിൽ വെച്ച് എന്നെ അച്ഛനെ എന്നെ മനസ്സിലായില്ല കൊച്ചമ്മോ ഞാൻ അത്രക്കും കോലം കെട്ടുപോയിന്ന് അച്ഛന് കരച്ചിലി വന്നു കൊച്ചമ്മോ അപ്പോ തന്നെ എന്നെയും കൂട്ടി ബസാനിയോ സാറിന്റെ വീട്ടിൽ പോയി എന്നെ അവിടെ നിർത്തണമെന്ന് ബസാനിയോ സാറിനോട് കെഞ്ചി പറഞ്ഞു ആ സാറ് സമ്മതിക്കുകയും ചെയ്തു എനിക്ക് സങ്കടമുണ്ട് നീ ഇങ്ങനെ പോകുന്നത് എപ്പോഴും തങ്ങി നിൽക്കുന്ന ഇരുട്ടി നീയൊരു വെളിച്ചം തന്നെയായിരുന്നു പക്ഷെ എന്തു ചെയ്യാം എന്റെ അപ്പൻ ഇങ്ങനെ ഒരാളായി പോയി അങ്ങേർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ പണം കൂടുതൽ മതി ആളുകളുടെ മുഖം ചുളിയും ഈ വീടും അങ്ങേര് നരകമാക്കി മാറ്റുന്നു കൊച്ചമ്മ ഞാൻ ദൂരൊന്നും പോകുന്നില്ലല്ലോ എനെ കൊണ്ട് എന്ത ആവശ്യമുണ്ടെങ്കിലും ഇതാ ഈ പണം നീ വെച്ചോളൂ നിന്റെ പുതിയ യജമാനൻ ബസാനിയോ സാറിന്റെ വീട്ടിൽ ഇന്നു രാത്രി ഒരത്താഴ വിരുന്ന് നടക്കും അവിടെ വെച്ച് നീ ലോറൻസോ സാറിനെ കാണൂ അപ്പോൾ ഈ കത്ത് അദ്ദേഹത്തിന് കൊടുക്കണം ആരും കാണാതെ കൊടുക്കാവൂ അപ്പനെങ്ങാനും അറിഞ്ഞാൽ എന്റെ കഥ കഴിയും ശരി ഇനി നീ പോയിക്കോളൂ വസാനിയോ സാറ് നല്ല ആളാ അവിടെ നിനക്ക് സുഖമായിരിക്കും കൊച്ചെ പിരിഞ്ഞു പോകാൻ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഇങ്ങനെ ഒരപ്പന്റെ മകളായി ജനിച്ചതിൽ എനിക്ക് ലജ്ജയുണ്ട് ഈ കത്ത് ഒരു എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയേക്കും ആഹാ സാറിന്റെ തെരുവിൽ വെച്ച് കണ്ടത് നന്നായി എന്താ ലോൺസ് എന്തെങ്കിലും എഴുത്തുണ്ട് കൊച്ചമ്മെ ഇനി ഞാൻ പോയിക്കോട്ടെ സാർ നീ എങ്ങോട്ട് പോകുന്നു എന്റെ പഴയ യജമാനെ വിളിച്ചോണ്ടുവരാൻ പുതിയ യജമാനൻറെ അത്താഴ് വിരുന്നെ ആ ലോൺസ് നിൽക്ക് പണം നീ വെച്ചോ പിന്നെ ജസീകയോട് പറയൂ വേവിലാതിപ്പെടേണ്ടെന്നും എല്ലാം വേണ്ടതുപോലെ ചെയ്യാമെന്നും പറയാം സർ ഏ ലോറൻസോ ആ ഗഷ്യാനോ നീ എന്താണോ ഈ പെരുവടിയിൽ അന്തം വിട്ടു നിൽക്കുന്നത് ഇതാരുടെ കത്താ നിന്നോടെന്തിനും മറച്ചു വെക്കണം ഇത് ജസീകയുടെ കത്താണ് ഞങ്ങൾ എന്ത് സഹായവും ഇതാ പിടിച്ചു അല്ല അപ്പൊ ഇന്ന് രാത്രി കടം വാങ്ങി ജീവിക്കുന്ന ആ ദരിദ്രവാസിയുടെ വീട്ടിൽ തന്നെയാ നീ എത്തേണ്ടത് എനി നീ പഠിക്കും പന്നീനെ പോലെ തിന്നു തടിച്ചതിന്റെ അഹങ്കാരാ നിനക്ക് ആ എനി നീ അറിയും ആ എരപ്പാളിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടുറങ്ങിയും കളിച്ച് രസിച്ചും ഈ വീട്ടിൽ നീ നെകളിച്ചു കളി അവിടെ നടക്കൂന്ന് നോക്ക് ഹോ ജസിക്കോ ജെ ആര് പറഞ്ഞു നിന്നോട് വിളിക്കാൻ നമ്മൾ പറഞ്ഞോ സാറു പറഞ്ഞു സാറോ ഏത് സാറ് എന്തു പറഞ്ഞു ആ സാറ് വേവലാതി പെടണ്ടെന്ന് ഈ സാറ് പോകുമ്പോ കൊച്ച ഒറ്റാകുമല്ലോ ഈ മരത്തറിയൻ പറയുന്നത് ഏ അപ്പിച്ചോ ആ ഇതാ താക്കോല് നമ്മളെ അവര് ക്ഷണിച്ചത് സ്നേഹം കൊണ്ടല്ല മുഖസ്തുതി പറയാനാ വെറുപ്പ് കൊണ്ടാ നമ്മള് പോകുന്നതും അത്രയും ഭക്ഷണം അവർക്ക് നഷ്ടം വരട്ടെ ഉം സിക്ക വീട് നന്നായി നോക്കണം ഇഷ്ടമില്ലാടാ നമ്മള് പോകുന്നത് മനസ്സിലൊരു തൊന്തരവുണ്ട് ഇന്നലെ രാത്രിയില് പണപ്പെട്ടി മോഷണം പോകുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു സാറേ പോകാം ബസാനോ സാറേ നോക്കിരിക്കുന്നുണ്ടാവും വരുന്നടാ നോക്കി ജസ്സിക്ക വാതിലും ജനരുമെല്ലാം അടച്ചു ബന്ധു ബസാക്കണം പുറത്തേക്കൊന്നും തലയിട്ട് നോക്കണ്ട ആ എടാ നീ മുമ്പേ നടന്നോ കൊച്ചയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനിതാ പോയെ ആ പന്നീന്റെ മോൻ നിന്നോട് എന്താ പറഞ്ഞത് അവൻ എന്നോട് യാത്ര പറഞ്ഞു മറ്റൊന്നുമില്ല പറഞ്ഞതൊന്നും മറക്കല്ലേ അതിലടിച്ചേക്ക് കേട്ടാ പ്രതികൂലമായിട്ടൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആരാത് ലോറൻസോ എന്റെ ലോറൻസോ എന്റെ ശ്വാസം നേരെ വീണു എന്നാലും ഒരു വിറയൽ നല്ല ഇരുട്ട് അത്രയും നന്നായി ഞാനൊരു ചെറുപ്പക്കാരന്റെ വേഷത്തിലാ വാതിലടച്ചില്ല പണമെടുക്കാനുണ്ട് ആ വരൂ വരൂ രാജകുമാര ഇതാ ഈ തിരശീലം നീക്കിയാൽ മൂന്ന് ചെറിയ പേടകങ്ങൾ കാണാം ആദ്യത്തേത് സ്വർണ പേടകം രണ്ടാമത്തേത് വെള്ളിയുടെ അവയിലൊന്നിൽ എന്റെ ഛായാചിത്രമുണ്ട് അതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് തുറക്കേണ്ടത് ഈ സ്വർണപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത് ഏറെ പേരും ഗ്രഹിക്കുന്നത് എന്തോ അത് എന്നെ തിരഞ്ഞെടുത്താൽ ലഭിക്കും ഇനി വെള്ളിപ്പെട്ടി എന്ത് പറയുന്നു എന്നെ തിരഞ്ഞെടുക്കുന്നവന് അർഹിക്കുന്നത് കിട്ടും ശരി ഈയപ്പെട്ടിക്ക് എന്ത് പറയാനുണ്ട് ഇതൊരു താക്കീതാണ് എന്നെ തിരഞ്ഞെടുക്കുന്നവൻ സാഹസമാണ് കാട്ടുന്നത് അവന്റെ എല്ലാം എനിക്കായി ബലി കഴിക്കേണ്ടി വരും ഒന്നാലോചിച്ചാൽ ഈ മാലാഖയെ തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് വിശിഷ്ടമായ രത്നം വിലപിടിച്ച സ്വർണത്തോടാണ് ചേരുക കുമാരി ഈ സ്വർണപീടകത്തിന്റെ താക്കോൽ തരും എന്താണിത് ഒരു തലയോടും അതിന്റെ കൺകുഴിയിൽ ഒരെഴുത്ത് ചൊല്ലും വായിച്ചു നോക്കാം മിന്നുന്നതെല്ലാം പൊന്നല്ല ഏറെ പേരും പുറംപകട്ടിൽ ഭ്രമിച്ച് ജീവിതം തുലക്കുന്നു അലങ്കരിച്ച ശവക്കല്ലറക്കുള്ളിൽ പുഴുക്കൾ പുളയ്ക്കുന്നു നീ നിരാശപ്പെടുക ദൈവമേ ഇല്ല അവർ കപ്പലേറുന്നത് നമ്മൾ കണ്ടതാണ് ഇനി കുറപ്പുണ്ട് ഒളിച്ചോട്ടക്കാരൻ അവരെ കൂടെ പോയില്ല ആ ജൂതൻ വിരളി പിടിച്ച് ഗവർണറോട് തട്ടിക്കയറി അതുകൊണ്ടാണ് ഗവർണർ നേരിട്ട് കപ്പൽ പരിശോധിക്കാൻ എത്തിയത് പക്ഷെ വൈകിപ്പോയില്ലേ പുറപ്പെട്ട കപ്പൽ എങ്ങനെ പരിശോധിക്കാൻ അന്റോണിയോ ഗവർണർക്ക് ഉറപ്പ് കൊടുത്തു രണ്ടുപേരും അതിൽ പോയിട്ടില്ല എന്നാൽ ജൂതൻ അത് വിശ്വസിച്ചില്ല ഇനി പകം മുഴുവൻ നേരെ ആകുമോ ജൂതൻ ആർത്ത് വിളിച്ചുകൊണ്ട് തെരുവിലൂടെ ഓടുന്നത് കാണേണ്ടതായിരുന്നു ഞാൻ ഇന്നേ കേട്ടിട്ടില്ല നിരാശയും കോപവും പോണ്ട ഇമ്മാതിരി ഒരു നിലവിളി ഓ എന്റെ മകൾ എന്റെ പണം എന്നെ പറ്റിച്ചോ എന്നെ ചതിച്ചോ എന്റെ മകൾ തെരുവ് മുഴുവൻ ഇളകിമറിഞ്ഞു തെരുവ് പിള്ളേർ കൂക്കി വിളിച്ച് പിന്നാലെ വാഞ്ഞ് കല്ലെറിഞ്ഞത്രേ ും കിട്ടിയോ ഒന്നും കിട്ടിയില്ല അന്വേഷിക്കാത്ത സ്ഥലമില്ല ഏ ട്യൂബെൽ രണ്ടായിരം ട്യൂക്കറ്റ് വിലയുള്ള ഒരു വൈരക്കല് പോയി എത്ര രണ്ടായിരം രൂക്കറ്റ് രത്നക്കല്ലുകൾ വേറെയും അതിന്റെ പുറമെ ആഭരണങ്ങൾ രണ്ടു പെട്ടി നിറച്ച് പണം അവളെ അന്വേഷിച്ച് നടന്നതിന്റെ ചെലവ് വേറെ നഷ്ടത്തിന്റെ മേലെ നഷ്ടം ഞാൻ ട്രിപ്പുളീസിൽ പോയ ഒരു കപ്പൽ തകർന്നു ദൈവത്തിന് ഇത് പറഞ്ഞത് രക്ഷപ്പെട്ടു വന്ന ചില കപ്പൽ ജോലിക്കാരാ വേറൊന്ന് ഇംഗ്ലീഷ് ചാനൽ മുങ്ങിയെന്നും കേട്ടു ജനോബയിൽ നിന്നോ അന്തോണിയോന്റെ പല ഇടപാടുകാരും എന്റെ ഓഫീസിൽ വന്നിരുന്നു ചിലര് പറഞ്ഞു ഇനി ഓൻ പാപ്പരാകും അത് കേൾക്കാൻ സന്തോഷമുണ്ട് വലിയ സന്തോഷം എന്തായാലും ശരി അന്തോണിയോ നശിക്കാൻ പോകുന്നു ഓ നശിക്കണം സമയം വന്നാൽ ഓനെ നമ്മൾ നശിപ്പിക്കും പലിസ വാങ്ങാണ്ടുള്ള കടങ്കൊടുപ്പ് നിന്നാൽ നമ്മുടെ വ്യാപാരം ആയിരം മടങ്ങ് കൂടും അരാഗൻ രാജകുമാരൻ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ ഇതാ വരുന്നുമാര ഇതിലെ ഇതിലേ ഈ മൂന്ന് പ്രതിജ്ഞകളും പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ച പറ്റുകയില്ല ഒന്ന് ഏത് പേടകം തെരഞ്ഞെടുത്തുവെന്ന് പുറത്തു പറയില്ല രണ്ട് പരാജയപ്പെട്ടാൽ അടുത്ത നിമിഷം സ്ഥലം വിടും മൂന്ന് പിന്നെയുള്ള ജീവിതകാലം അവിവാഹിതനായി കഴിയും ഈ പ്രതിജ്ഞ പാലിക്കുന്നവർക്ക് ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ ശരി തുടങ്ങിക്കോളൂ ദൈവം എന്നെ മൂന്നും പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് ഈ എം തരന്താണ് ലോഹമാണ് ഇതിനുവേണ്ടി എനിക്കുള്ളതൊന്നും ത്യജിക്കാൻ വയ്യ സ്വർണമാണെങ്കിൽ ഏറെ പേരും മോഹിക്കുന്നത് ഭൂരിപക്ഷം എന്നും എവിടെയും വിട്ടികളാണ് അക്കൂട്ടത്തിലൊന്നാവാൻ എന്നെ കിട്ടില്ല ഈ വെള്ളിപ്പേടകം എന്തുകൊണ്ടോ ഞാൻ ഇഷ്ടപ്പെടും ഈ വെള്ളിപ്പേടകത്തിന്റെ താക്കോൽ എനിക്ക് തരിക അയ്യോ എന്താണിത് ഇളിച്ചു കാട്ടുന്ന ഒരു വിട്ടിയുടെ ചിത്രം ഒരെഴുത്തും നിനക്ക് അർഹിക്കുന്നതേ കിട്ടൂ ദൈവമേ ഒരു ഭോഷന്റെ ജീവിതമാണോ ഞാൻ അർഹിക്കുന്നത് ഒരു ലോഹത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ ഏഴ് പരിശോധിക്കണം ഒരു വസ്തുതയുടെ ഉള്ളറിയാൻ അനുഭവജ്ഞാനം വേണം മായക്കാഴ്ചയിൽപ്പെടുന്നവന് താൽക്കാലിക സന്തോഷം മാത്രം നീ ആരായാലും തനി വിട്ടിയാണ് സത്യം അരവിട്ടിയായി ഞാൻ വന്നു മുഴുവിട്ടിയായി മടങ്ങി പോകും ഒരീയാമ്പാറ്റ കൂടി തീനാളം തേടി വന്ന് ആത്മാഹുതി ചെയ്തു പഴയൊരു ചൊല്ലുണ്ട് വധുവിനെയും തൂക്കുമരത്തെയും വിധിയാം വണ്ണമേ കിട്ടുവെന്ന് ആ ശരി നിറേസ തെരശ്ശീല നീക്കിയേക്കോ വാതിൽ ഒരു ഭൃത്യൻ എത്തിയിട്ടുണ്ട് എന്താണെന്ന് നല്ല വാർത്ത മധുരോദാരമായ ആശംസകളും വലിയ സമ്മാനങ്ങളുമായി ഒരു അത്രേ അവന്റെ യജമാനൻ ഉടനെ എത്തിച്ചേരുമെന്ന് പോർഷ്യ അത് അതാ ബസാനി എന്റെ ദൈവമേ ഇതെന്തൊരു പ്രതിസന്ധി എന്റെ ഹൃദയം രണ്ടായി പിളർന്നതുപോലെ ഒരു പകുതി നിങ്ങളുടെ പക്ഷത്തും അച്ഛന്റെ ഭാഗത്തും നോക്കൂ ബസാനിയോ നിങ്ങൾ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ടും മതി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് മതി കാരണം ഇത്ര പെട്ടെന്ന് നിങ്ങളൊരു തെറ്റായ തിരഞ്ഞെടുപ്പാണ് നടത്തുന്നതെങ്കിൽ അത് താങ്ങാനുള്ള കരുത്ത് ഇപ്പോഴെനിക്കില്ല എന്റെ വഴിയിൽ അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും ഉണ്ടായി ദിവസങ്ങൾ അല്ല മാസങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു ഇവിടെയും ഒരു കാത്തുകെട്ടിക്കിടപ്പ് അത് വയ്യാ പോർഷ്യ ഞാൻ വളരെയേറെ അസ്വസ്ഥനാണ് അച്ഛനോടുള്ള എന്റെ പ്രതിജ്ഞ ലംഘിച്ച് ഈ നിമിഷം എനിക്ക് നിങ്ങളുടേതാകൻ കഴിഞ്ഞെങ്കിൽ ഈ അനിശ്ചിതത്വം നമുക്കുടനെ അവസാനിപ്പിക്കണം എന്റെ മനസ്സു പറയുന്നു ഗായക സംഘത്തെ ഇങ്ങോട്ട് വിളിക്കൂ ആസന്നമായ തീവ്ര ദുഃഖത്തിനോ ആനന്ദാതിരേഖത്തിനോ സംഗീതം അകമ്പടിയാവട്ടെ മൂന്ന് പേടകങ്ങൾ മൂന്ന് സമീപനങ്ങൾ ഞാൻ ഏതു തെരഞ്ഞെടുക്കണം അധികം ആലോചിക്കാനില്ല ബാഹ്യമോടിയും പളവളപ്പുമില്ലാത്ത ഈയ പേടകത്തിൻ്റെ മ്ലാനവതനം എന്ന വല്ലാതെ ആകർഷിക്കുന്നു ഇതിൻ്റെ താക്കോൽ തരും ദൈവാനുഗ്രഹം ഇതാ മനോഹരിയായ പോർഷ്യയുടെ വശ്യമുഖം ഇതിൽ ജീവനുണ്ടോ ഏതോ മാന്ത്രിക സിദ്ധിയുള്ള ചിത്രകാരൻ വരച്ചതാണിത് ഓ ഒരെഴുത്തുചുരുൽ കാണുന്നു സ്ഥിതിയുള്ള നിന്നെ ഭാഗ്യദേവത കടാക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് നിന്നെ സന്തുഷ്ടനാക്കുന്നുവെങ്കിൽ ഇവളെ സ്വീകരിക്കുക ആഹ്ലാദം എന്നെ ഉന്നത്തനാക്കുന്നു ഇത് സത്യമോ എന്റെ വിഭ്രാന്തിയോ എന്ന് ശങ്കിച്ചു പോകുന്നു എന്നറിയാതെ ഞാൻ കുഴങ്ങുന്നു അറിവും വിവേകവുമില്ലാത്ത വീറുമൊരു ശിശുവിനെ പോലെ ഞാനിതാ നിൽക്കുന്നു നിനക്ക് വേണ്ടി ഒരായിരം ഇരട്ടി സുന്ദരിയും ധനികയുമായെങ്കിൽ അളവില്ലാത്ത നന്മകളാൽ സമൃദ്ധമായെങ്കിലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബസാനിയോ ആ കൈവിരൽ നീട്ടോ നാം പരസ്പരം വരിച്ചെന്ന് ഈ മോതിരമഴിയിൽ ഈ അടയാളം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഇത് നഷ്ടപ്പെട്ടാൽ നീ എനിക്ക് നഷ്ടപ്പെട്ടതിന് തുല്യം എങ്കിൽ ഞാൻ മരിച്ചതിന് സമംസാനിയോ മാന്യരേ എനിക്കൊരു അപേക്ഷയുണ്ട് അത് നിരസിക്കരുത് നിങ്ങളുടെ വിവാഹ ചടങ്ങിനോടൊപ്പം എന്നെയും അനുവദിക്കണം പെണ്ണു കെട്ടാൻ അതിന് നീ ആരെ ആളുണ്ട് പ്രഭോ ഇതാ ഈ നിൽക്കുന്ന നെറീസയെ പ്രഥമദർശനത്തിൽ പടയമെന്ന് മുമ്പ് കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി ഞങ്ങളും എടുത്തോ പ്രതിജ്ഞ നിങ്ങൾ കെട്ടിയാൽ ഞങ്ങളും കെട്ടുമെന്ന് അതേ മുഹൂർത്തത്തിൽ മാശയൊന്നും അല്ലല്ലോ അയ്യോ ഇതിൽ തമാശയെ ഇല്ല എങ്കിൽ നമ്മുടെ വിവാഹ ചടങ്ങുകൾ ഗംഭീരമാവട്ടെ ഗംഭീരമാവരാണ് ഈ വരുന്നത് നമ്മുടെ പരമ സ്നേഹിതൻ സലേറിയോയും കൂടെയുണ്ട് എന്താ അതിശയമേ ഇത് ബസാനിയോ അന്റോണിയോവിന്റെ സന്ദേശവും കൊണ്ട് ഞാൻ തനിച്ചാണ് പുറപ്പെട്ടത് വൈമദ്ധീവരെ കിട്ടി ഇത് അദ്ദേഹത്തിന്റെ കത്ത് നിങ്ങൾ പരിചയപ്പെടൂറിയോ ഞങ്ങളുടെ ഇരട്ട നേട്ടത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ അന്റോണിയോ എത്രമാത്രം സന്തോഷിക്കയില്ല നിങ്ങൾക്ക് നേട്ടത്തിന്റെ സന്തോഷം അദ്ദേഹത്തിന് നഷ്ടത്തിന്റെ ദുഃഖം എന്തുപറ്റി വാ പറയാ എഴുത്തിൽ അസുഖകരമായിട്ട് എന്തോ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിളറുന്നത് എന്തിനെ എന്തോ അത്യാഹിതം ആകെ വിവശനായല്ലോ എന്താണ് ബസാനിയോ എന്താണെങ്കിലും പറയൂ നമ്മൾ ആദ്യമായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ കുലമഹിമയല്ലാതെ മറ്റൊരു തനവും എനിക്കില്ല എന്ന് എന്നും എനിക്ക് ജീവിക്കാനുള്ള ഇന്ധനം നൽകിപ്പോന്ന ഒരു വലിയ സുഹൃത്തിനെക്കുറിച്ചും അപ്പോൾ ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു എനിക്ക് വേണ്ടി ആ മനുഷ്യൻ മാരകമായൊരു കടക്കണിയിൽപ്പെട്ടിരിക്കുന്നു ആ ജീവൻ തന്നെ അപകടത്തിലാണ് പക്ഷേ സലേറിയോ അദ്ദേഹത്തിനെല്ലാം എല്ലാം നഷ്ടപ്പെട്ടോ േക്കും മെക്സിക്കോയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ലിസ്ബണിലേക്കും ഇന്ത്യയിലേക്കും പോയ എല്ലാ കപ്പലും തകർന്നെന്നോ ഒന്നുപോലും തിരിച്ചെത്തിയില്ലെന്നാണോ അതിലും കാലാവധി കഴിഞ്ഞല്ലോ ഇനി അയാൾ പണം മടക്കി വാങ്ങുകയില്ല പകരം പിഴ അയാൾ കോടതിയിൽ പോയി പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല ഫലിക്കില്ല ആർക്കും ഇക്കാര്യത്തിൽ അങ്ങേരെ തടുക്കാൻ കഴിയില്ല ോ ഈ കുടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ദൈവത്തിനറിയാം കരാർ പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു പൗണ്ട് മാംസം കൊണ്ടേ എന്റെ അപ്പൻ തൃപ്തിപ്പെടും സ്വന്തക്കാരോട് എത്രയോ വട്ടം അതാണയിടുന്നത് ഞാൻ കേട്ടതാണ് നിങ്ങളുടെ എല്ലാം അടുത്ത സുഹൃത്താണല്ലേ ഇങ്ങനെ വേറെയില്ല ഏറ്റവും അതും എനിക്ക് വെറും മൂവായിരം ഡ്യൂക്കറ്റോ എങ്കിൽ അതിന്റെ ഇരട്ടി കൊടുത്ത് ആ കടം തീർക്കണം അല്ലെങ്കിൽ മൂന്നിരട്ടി നിങ്ങളുടെ പിഴവുകൊണ്ട് ആ മനുഷ്യന്റെ ഒരു മുടിനാരിഴക്ക് പോലും പോറൽ പറ്റരുത് വസാനിയോ ആദ്യം എന്റെ കൂടെ ദേവാലയത്തിലേക്ക് വരിക എന്നിട്ട് വെനീസിലേക്ക് തിരിക്കണം അശാന്തമായ മനസ്സോടെ ഒരു നിമിഷം പോലും നമുക്കൊരുമിച്ച് കഴിയാനാവില്ല ആ കടത്തിന്റെ ഇരുപത് ഇരട്ടിയെങ്കിലും മടക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നിട്ട് ആ സ്നേഹിതനെയും കൊണ്ട് മടങ്ങി വരണം നമുക്ക് അദ്ദേഹത്തെ ആദരിക്കണം എഴുത്തൊന്ന് വായിക്കൂ പ്രിയങ്കരനായ ബസാനിയോ എന്റെ കപ്പലുകളെല്ലാം പോയി ഇടപാടുകാർ ക്രൂരമായി പെരുമാറാൻ തുടങ്ങി ഷൈലോക്കുമായുള്ള കരാർ പാലിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു ആ പിഴയൊടുക്കുന്നതോടെ എൻ്റെ ജീവിതം അവസാനിക്കുക നീ എനിക്ക് കടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കരുത് ഇതെൻ്റെ വിധി മാത്രമാണ് അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണാൻ മോഹമുണ്ട് എങ്കിലും അതിനുവേണ്ടി നീ വിഷമിക്കരുത് സ്വന്തം അന്റോണിയോ ഇനി ൊരു നിമിഷം പോലും കളയാനില്ല എനിക്ക് വിശ്രമമില്ലേ വാടൻ ഇനി ഇവൻ നിന്റെ ബന്ധുബസ്സിലാണ് ഷൈലോക് എനിക്ക് പറയാനുള്ളത് കേൾക്കണം ഒന്നും കേൾക്കണ്ട പണ്ട് നീ നമ്മളെ നായ എന്നല്ലേ വിളിച്ചത് എനി നീ നമ്മുടെ പല്ലിനെ പേടിക്കണം ഷൈലോക് ഒരു കാര്യം മാത്രം ഒരു വാക്കുപോലും വേണ്ട കരാർ നടപ്പിലാവും അത്ര തന്നെ ഇങ്ങനെ ഒരു ഞാൻ എങ്ങും കണ്ടിട്ടില്ല പോട്ടെ സോളാനിയോ അപേക്ഷിച്ചിട്ട് ഫലമില്ല അയാൾക്ക് എന്റെ ജീവൻ വേണം അതാണ് കാര്യം അയാളുടെ കെണിയിൽപ്പെട്ട എത്രയോ പേരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട് അതാണ് അയാൾക്ക് എന്നോട് ഇത്രയും വെറുപ്പ് എനിക്ക് ഉറപ്പുണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ില്ല ഏയ് നിയമം നടപ്പാക്കാതിരിക്കാൻ ഗവർണർക്കുമില്ല അധികാരം ഒരു കരാർ അങ്ങനെ റദ്ദാക്കപ്പെട്ടാൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിലയില്ലെന്ന് വരും വിദേശങ്ങളിൽ നമ്മെക്കുറിച്ച് മോശം അഭിപ്രായമുണ്ടാക്കും വിദേശ വ്യാപാരം നിലച്ചു പോകും അത് വെനീസിൻ്റെ അഭിവൃദ്ധിയെ സാരമായിട്ട് ബാധിക്കും നിങ്ങളുടെ അന്റോണിയോവിന്റെ മഹാമനസ്കഥയോളം വരുമോ എന്റേത് ആ ലോറൻസോ ഒരു പ്രധാന കാര്യം അവർ തിരിച്ചെത്തും വരെ നെറീസയും ഞാനും രണ്ടു മൈൽ ദൂരത്തുള്ള ഒരു മഠത്തിലായിരിക്കും പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിയാനാണ് ആ അതുവരെ ീ വീടും വീട്ടുകാര്യങ്ങളും ശ്രദ്ധിക്കാൻ ദയവുണ്ടാകണം ഈ അപേക്ഷിക്കരുതേ ഇങ്ങനെ ആ നെറീസ ഈ കത്ത് വിശ്വസ്തനായ ഒരു വൃത്യൻ വശം കൊടുത്തേക്കുക പാതുവയിലെ എന്റെ മച്ചുനൻ ഡോക്ടർ ബെല്ലാരിയോവിന് അദ്ദേഹം ചില കടലാസുകളും വസ്ത്രങ്ങളും തന്നേക്കും അതുമായി അവൻ ബോട്ട്ജെട്ടിയിലെത്തട്ടെ വനീസിലേക്കുള്ള യാത്രാബോട്ടുകൾ പുറപ്പെടുത്തുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ അവന് കാത്തിരിപ്പുണ്ടാവുമെന്നും പറയുക ഉടൻ ആ ഇതൊക്കെ എന്തിനാണെന്ന് നീ ആലോചിച്ചോ പക്ഷേ ഒന്നും മനസ്സിലായില്ല നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ അവരറിയാതെ കാണാൻ പോകുന്നു എങ്ങനെ എങ്ങനെ എങ്ങനെ അവർ നമ്മളെ തിരിച്ചറിയാത്ത വിധം നമ്മൾ യൗവനത്തിലേക്ക് കാലോന്നിയാൽ രണ്ട് ചെറുപ്പക്കാരായി വേഷം മാറുന്നു വാക്കിലും നോക്കിലും നടപ്പിലുമെല്ലാം നല്ല ശ്രദ്ധ വേണം ശേഷം കാര്യങ്ങൾ വഴിയേ പറയാം ആ വരൂ നമ്മുടെ വാഹനം തയ്യാറായി നിൽക്കുകയാണ് വേഗം ജട്ടിയിലേക്ക് എത്തണം ശ്രീമാൻ ഷൈലോക് നിർണായകമായി ഈ സമയത്തെങ്കിലും നിങ്ങൾ വിദ്വേഷം വെടിഞ്ഞ് മറ്റു തരത്തിൽ തകർന്നു ഈ വ്യാപാരിയോട് ദയ കാണിക്കുമെന്ന് നാം ഉൾപ്പെടെ കോടതിയിൽ കൂടിയവരെല്ലാം പ്രത്യാശിക്കുന്നു അവിടെ നിന്ന് നമ്മളോട് ദയ കാണിക്കണം കരാർ നടപ്പാക്കണം നീതി പാലിക്കണം ഇത് ഭയങ്കര ക്രൂരതയാണ് നിന്നെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഏറ്റിട്ടില്ല അയാളോട് തർക്കിക്കണ്ട പ്രഭോ മൂവായിരം ഡ്യൂക്കറ്റിന് പകരം ആറായിരം കൊടുക്കാം ആറല്ല അറുപതായാലും നമ്മൾ വാങ്ങുകയില്ല ഷൈലോ നിങ്ങൾ ദൈവകാരുണ്യത്തിനായി പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ട് സാർ മറ്റുള്ളവർക്ക് കാരുണ്യം നിഷേധിക്കുന്ന നിങ്ങൾക്ക് അതെങ്ങനെ കിട്ടും അതിന് നമ്മൾ ദൈവത്തോട് ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ സാർ കൂടാതെ ദൈവസന്നിധിയിൽ നമ്മൾ ശപഥവും ചെയ്തു അതും വിശുദ്ധ നാളിൽ ഈ കരാർ പിഴ കൂടാതെ പ്രഭോ നിയമപ്രകാരം അവിടെ നിന്ന് വിധി പറയുന്നില്ലെങ്കിൽ ലോകം മുഴുവൻ ആർത്തു വിളിക്കും നീതിന്യായം വെറും കള്ളക്കളിയാണെന്ന് ഈ വ്യവഹാരം നാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമായിരുന്നു നിയമപണ്ഡിതനായ ഡോക്ടർ ബെല്ലാരിയോ ഈ കേസ് വിചാരണ ചെയ്ത് തീർപ്പു കൽപ്പിക്കാൻ ഏറ്റില്ലായിരുന്നുവെങ്കിൽ പ്രഭോ അദ്ദേഹത്തിന്റെ സന്ദേശവുമായി ഒരാൾ പഠിക്കലെത്തിയിട്ടുണ്ട് എവിടെ വഴി കൊടുക്കൂ ആന്റോണിയോ ധൈര്യമായിരിക്കണം അന്റോണിയോ ആന്റോണിയോ താങ്കളുടെ ഒരിറ്റ ചോര പൊടിയും മുമ്പ് ഞാൻ എന്റെ ജീവൻ തന്നെ ബലി കഴിച്ചിരിക്കും എന്ത് ഇപ്പോഴേ നിങ്ങൾ കത്തി അണച്ച മൂർച്ച കൂട്ടുന്നു നമുക്കുള്ള പിഴാറുത്തെ അതിന് കത്തി വേണ്ട ആ നാക്ക് തന്നെ ധാരാളം ഇക്കണ്ട മനുഷ്യരെല്ലാം കേണപേക്ഷിച്ചിട്ടും കുലുക്കോ ഇല്ലല്ലോ ആരുടെ പ്രാർത്ഥനയും ആ കരളിൽ തട്ടില്ല അത് കരിങ്കല്ല മക്കളെ അലച്ച് ക്ഷീണിക്കണ്ടാതുവയിൽ നിന്ന് വരുന്നു ഡോക്ടർ ബല്ലാരിയോ അങ്ങനെ അഭിവാദ്യം ചെയ്യുന്നു ഡോക്ടർ ബെല്ലാരിയോ ഈ കുറിപ്പിൽ ചെറുപ്പക്കാരനായ മറ്റൊരു നിയമവിദഗ്ധനെ ശുപാർശ ചെയ്തിരിക്കുന്നു ഇങ്ങോട്ടാൻ നാം ആജ്ഞാപിക്കുന്നു കുട്ടി തമ്മിലിടാത്ത പ്രഗത്ഭനായ ഡോക്ടർ ബെല്ലാരിയോവിന്റെ ശുപാർശ സ്വീകരിക്കുന്നു സ്വാഗതം ഈ കേസ് താങ്കൾ പഠിച്ചിരിക്കുമെന്ന് നാം കരുതട്ടെ ഒര് നിങ്ങളാണ് ഷൈലോക് അല്ലേ അതെ സാർ നമ്മളാണ് മിസ്റ്റർ ഷൈലോക് നിങ്ങളുടെ ഈ വ്യവഹാരം വി അസാധാരണം ഓ മിസ്റ്റർ അന്റോണിയോ ഇദ്ദേഹമാണ് ഈ അപകടത്തെ നേരിടാൻ നിൽക്കുന്നത് അല്ലേ ഈ കരാർ തയ്യാറാക്കിയത് നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണല്ലോ അപ്പോൾ മിസ്റ്റർ ഷൈലോക് ഈ മനുഷ്യനോട് കുറച്ച് കരുണ കാണിക്കണം എന്ന് നിർബന്ധിക്കാൻ പറ്റുമോ നിർബന്ധമില്ല പരപ്രേരണ കൂടാതെ ഹൃദയത്തിൽ നിന്ന് അനർഗമായി പ്രവഹിക്കേണ്ട ഒന്നാണ് കാരുണ്യം വരണ്ട മണ്ണിലേക്ക് മഴയെന്ന പോലെ കാരുണ്യം ദൈവികമാണ് ദൈവകാരുണ്യം ഉപാധികളില്ലാതെ വർഷിക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ ഭൂമി അതിവാസയോഗ്യമാകുന്നത് സഹജീവികളോടുള്ള കാരുണ്യമാണ് മനുഷ്യന്റെ നിലനിൽപ്പിൻ നിങ്ങളുടെ വാദത്തിൽ കാരുണ്യം ലേശമില്ല സാർ നമ്മൾക്ക് വേണ്ടത് ാണ് അത് അനുവദിച്ചു തരാനുള്ള കാരുണ്യം കാണിക്കണം അന്റോണിയോവിന് ഈ കടം തിരിച്ചു കൊടുക്കാൻ ശേഷിയുണ്ടോ ഉണ്ട് സർ അതിന്റെ ഇരട്ടി കൊടുക്കാം പോരെങ്കിൽ പത്തിരട്ടി അതും പോരെങ്കിൽ ഈ എണ്ണ തന്നെ കൊടുക്കാം എന്റെ മുഴുവൻ മാംസവും ഇതൊന്നും പോരെങ്കിൽ ഇയാൾ പരമദുഷ്ടനും കൊടും മനുഷ്യാവകാശ നിഷേധിയുമാണെന്ന് വിധിച്ച് മറികടക്കാൻ ആർക്കും അവകാശമില്ലാണ് പൗരധർമ്മം നിങ്ങളുടെ അഭിപ്രായം ആ കരാറൊന്ന് കാണട്ടെ ഇതാണത് ഉം ഇതിൽ നിങ്ങൾക്ക് മൂന്നിരട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷേ അതു നമുക്ക് സമ്മതമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നും വ്യവസ്ഥയുണ്ടല്ലോ സാർ എങ്കിൽ പിഴ കൊടുക്കാൻ അന്റോണിയോ തയ്യാറാവട്ടെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു മിസ്റ്റർ ഷൈലോക് ദയാട്ടി സ്വീകരിച്ചു കൊണ്ട് രാജിയാവുക സാർ ദൈവനാമത്തിൽ നമ്മൾ ആണയിട്ടുപോയി പിഴ വസൂൾ ചെയ്യുമെന്ന് എനി മറ്റൊന്നും ചെയ്യാൻ പറ്റൂല വിനാ വിധി പറഞ്ഞാൽ ഉപകാരമായിരിക്കും ശരി മിസ്റ്റർ ആന്റോണിയോ നിങ്ങളുടെ ശരീരം വിധി നടപ്പാക്കാൻ ഒരുക്കി വെച്ചോളൂ സഭാഷ് സഭാഷ് ശരിയായ തീർപ്പ് നിശ്ചയമായും പിഴ നൽകാൻ കോടതി ബാധ്യസ്ഥൻ മഹാപണ്ഡിതൻ മിസ്റ്റർ ആന്റോണിയോ മുന്നോട്ട് വരണം കുപ്പായം ഒഴിച്ചു മാറ്റിക്കോളൂ നെഞ്ചു കാട്ടണം അതെ നെഞ്ചു തന്നെ ഹൃദയത്തിന്റെ അടുത്ത് നിന്ന് അത് ശരിയായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അല്ലേ സാർ അതങ്ങനെ തന്നെ മിസ്റ്റർ ഷൈലോക് നിങ്ങളൊരു സർജനെ കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലാത്ത ഇയാൾ ചോരവാർന്ന് മരിച്ചു പോകും പക്ഷേ കരാറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാർ ഇല്ല പക്ഷെ അതുകൊണ്ട് ഈ ഒരു ദയവെങ്കിലും നിങ്ങൾ കാട്ടേണ്ടതുണ്ട് കരാറിലില്ലാത്തൊരു സംഗതിക്ക് നമ്മൾ ഉത്തരവാദിയല്ല സാർ ആകട്ടെ അന്റോണിയോവിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല യാതൊന്നുമില്ല മരണത്തെ നേരിടാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഞാൻ യാത്ര നീ സ്വയം പഴിക്കരുത് വിധി എന്നോട് കാട്ടുന്ന കരുണയാണിത് ദരിദ്രനും വൃദ്ധനും നിരാശനുമായി ജീവിതം തള്ളി നിന്നും വിധി എന്നെ രക്ഷിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഈ സ്നേഹിതന്റെ അന്വേഷണം പറയുക അവളെ ഞാൻ എന്റെ ജീവന തുല്യം കരുതുന്നു അവളെയും എനിക്കുള്ള എല്ലാറ്റിനെയും താങ്കൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് ആന്റോണിയോ ഹേയ് ഇത് നിങ്ങളുടെ ഭാര്യ കേട്ടാൽ സഹിക്കില്ല കേട്ടോ ആന്റോണിയോ ഈ പിശാജിന്റെ മനം മാറ്റത്തിന് വേണ്ടി ഞാൻ ഒരുക്കമാണ് എനിക്കുള്ളതെല്ലാം വലിച്ചറിയാം ഓഹോ നിങ്ങളുടെ ഭാര്യയും ഇപ്പോഴിവിടെ ഇല്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം പോക്ക് വിധി പറഞ്ഞിട്ടാവാ ശരി മിസ്റ്റർ ഷൈലോക് നിയമാനുസൃതം പിഴ വസൂലാക്കാൻ ഈ കോടതി നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു നീതിയുടെ ദേവൻ വരണേ ീങ്ങി നിൽക്കണം ഒരു നിമിഷം നിൽക്കണം മിസ്റ്റർ ഷൈലോക് ഇതുകൂടി കേൾക്കണം ഈ കരാറിൽ വ്യക്തമായും കൃത്യമായും പറയുന്നത് ഒരു പൗണ്ട് മാംസം എന്നാണ് ഈ മനുഷ്യന്റെ രക്തം ഈ കരാർ അവകാശപ്പെടുന്നില്ല അതുകൊണ്ട് രക്തം ഒരു തുള്ളി പോലും വീഴാതെ വേണം മാംസം എടുക്കാൻ എന്ത് അല്ലാത്ത നിങ്ങൾ ചെയ്യുന്നത് കൊലക്കുറ്റമായി മാറും ഒരു കൊലയാളിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ വെനീഷ്യൻ നിയമം അനുശാസിക്കുന്നു നിങ്ങൾക്കാവശ്യം നീതിയാണ് അത് കൃത്യമായി അനുവദിച്ചിരിക്കുന്നു അതിലധികം ലെവലേശം കിട്ടുകയില്ല ഷൈലോക് ശരിയായ സംഖ്യ തന്നേക്കു മൂന്നിരട്ടി അതിനെപ്പോഴേ അത് പറ്റില്ല ഇയാൾക്ക് പിഴ ഈടാക്കാനേ അവകാശമുള്ളൂ അതുകൊണ്ട് ചോര പൊടിയാതെ മാംസം മുറിച്ചെടുക്കുക അതും കിറുകൃത്യം ഒരു പൗണ്ട് എള്ളോളം കൂടരുത് കുറയരുത് എന്നല്ല ഒരു തലനാരിഴത്തൂക്കം വ്യത്യാസം പാടില്ല ശരിയായ വാപം ശരിയായ വാപം എന്താണ് മടിക്കുന്നത് സർ നമ്മൾ കൊടുത്ത സംഖ്യ മാത്രം മതി അതിന് നേരത്തെ പാടില്ല ആ വാഗ്ദാനം ഇയാൾ പരസ്യമായി തിരസ്കരിച്ചതാണ് കണിശമായും പിഴ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അനുവദിക്കുന്നില്ല അങ്ങനെ വെറുതെ വിടുന്നില്ല വെനീസിലെ ഒരു പൗരനെ രഹസ്യമായോ പരസ്യമായോ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നവന്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടപ്പെടും അതിൽ പകുതി വിധേയന്റെ പക്കലേക്കും പകുതി പൊതുഖജനാവിലേക്കും ചേരേണ്ടതാണ് കൂടാതെ കുറ്റവാളിയുടെ ജീവൻ ഗവർണറുടെ വിവേചനാധികാരത്തിനും വിധേയമായിരിക്കും അദ്ദേഹത്തിനും മരണശിക്ഷ പോലും വിധിക്കാം വ്യക്തമാണ് മിസ്റ്റർ ഷൈലോഗ് നിങ്ങൾ രഹസ്യമായും പരസ്യമായും മേൽപ്പറഞ്ഞ കുറ്റം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു ആയതിനാൽ നിങ്ങൾക്ക് ഗവർണറുടെ ദയാദാക്ഷിണ്യത്തിന് യാചിക്കുകയേ നിവൃത്തിയുള്ളൂ അന്തിമവിധി അദ്ദേഹത്തിൻ്റെതാണ് ഷൈലോക് നിങ്ങൾ ദയ കാണിച്ചില്ലെങ്കിലും നാം അത് കാണിക്കുന്നു മരണശിക്ഷ വിധിക്കുന്നില്ല മാപ്പു തരുന്നു ഇയാളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാനും അതിൽ പകുതി അന്റോണിയോവിന് നൽകാനും പകുതി പൊതുഖജനാവിലേക്ക് മുതൽ കൂട്ടാനും നാം ഉത്തരവിടുന്നു പ്രഭോ വേണ്ട ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മുടെ ജീവനും എടുത്തുകൊള്ളണം ഇനി മിസ്റ്റർ അന്റോണിയോവിന് ഇയാളോട് കരുണ കാട്ടാമോ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുമെങ്കിൽ ആ പകുതി സ്വത്തുക്കൾ ഒരു കരാറിന്മേൽ ഇയാൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് അതായത് ഇയാളുടെ കാലശേഷം ആ സ്വത്തുക്കളുടെ അവകാശം ഇയാളുടെ ഏകമകൾക്കും അവളുടെ ഭർത്താവിനും കിട്ടത്തക്ക വിധം പിന്നെ ഇയാൾക്ക് നല്ല നടപ്പിനുള്ള ശിക്ഷ കൊടുക്കാനും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ഒരു ദൈവദൂതനെപ്പോലെ അങ്ങ് എൻ്റെയും എൻ്റെ പ്രിയ സുഹൃത്തിനെയും രക്ഷിച്ചു നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല എത്ര വലിയ പ്രതിഫലവും ഈ സന്മനസ്സിന് മുന്നിൽ നിസ്സാരമാണ് എങ്കിലും ഈ മൂവായിരം ഡ്യൂക്കറ്റ് സ്വീകരിക്കാൻ ദയവുണ്ടാകണം ഇതൊരു എളിയ ഉപഹാരം മാത്രമാണ് ഞങ്ങൾ എക്കാലവും അങ്ങേക്ക് കടപ്പെട്ടവരായിരിക്കും മിസ്റ്റർ ബസാനിയോ ഒരാൾക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് അയാളുടെ വിലപ്പെട്ട പ്രതിഫലം എനിക്കത് കിട്ടിക്കഴിഞ്ഞു ഞാൻ കൃതാർത്ഥനാണ് എന്നെ ഒരു സുഹൃത്തായി കരുതിയാൽ മതി എങ്കിൽ സർ സൗഹൃദത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പാരിതോഷികം തരാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ആ നിങ്ങളുടെ ആ കൈവരൽ നീട്ടു ഇതാ എനിക്ക് സമ്മാനിച്ചോളൂ ഈ സാരമില്ല എനിക്കിത് മതി അല്ല ഇതിലും മെച്ചപ്പെട്ട മറ്റൊന്നാകാം സാർ ഇത് കൊള്ളില്ല എനിക്കതിഷ്ടമായി മറ്റൊന്നും എനിക്ക് വേണ്ട ക്ഷമിക്കണം സർ ഇത് എന്റെ ഭാര്യയുടെ വിവാഹ സമ്മാനമാണ് ഒരിക്കലും ഞാനിത് കൈമാറാൻ പാടില്ലാത്തതാണ് ചിലാണ് വാഗ്ദാനം ചെയ്യും ന്യായീകരണങ്ങളും കണ്ടെത്തും നിങ്ങളുടെ ഭാര്യക്ക് ഭ്രാന്തൊന്നും ഇല്ലെങ്കിൽ അവർക്കിതിൽ പോട്ടെ സുഹൃത്തെ ആ വിഷയം വിട്ടേക്ക് നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇത് അയാൾക്ക് കൊടുത്തേക്കു എന്റെ പറയുന്നു ഈ ഒരു കാര്യത്തെ ചൊല്ലി നിന്റെ ഭാര്യ എന്നാൽ ദൃഷ്യാനോ ഓടിച്ചതിൽക്ക് കൊടുത്തേക്കു പിന്നെ നമ്മുടെ ആതിഥ്യം സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം ഇതാ പോകൂ ഇനി അന്റോണിയോ നിങ്ങൾ അല്പം വിശ്രമിക്കണം അത് കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാം നിങ്ങളെയും കൊണ്ട് എനിക്ക് മോതിരവും ഞങ്ങളുടെ ആദിത്യവും സ്വീകരിക്കാം പക്ഷേ ആദിത്യം സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനും ചോദിക്കട്ടെ എന്റെ ഭർത്താവിന്റെ മോതിരം ഉം തീർച്ചയായും അത് വാങ്ങണം ോവിനോട് നീയും മോതിരം വാങ്ങിച്ചോളൂ അങ്ങനെ അതും സാധിച്ചു മുമ്പേ നമ്മൾ ബെൽമോണ്ടിൽ എത്തുന്നു ഇതേ വേഷത്തിലായാൽ നല്ല രസമായിരിക്കും ഏയ് വേണ്ട വേണ്ട അത്ര എളുപ്പത്തിൽ പിടികൊടുക്കണ്ട പിന്നെ ആദ്യം ഇവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുക പിന്നെ തഞ്ചത്തിൽ മോതിരം കാണാഞ്ഞ് നീ ചണ്ട തുടങ്ങണം അതിൽ പിടിച്ച് ഞാനും കത്തിക്കയറാം മോതിരങ്ങൾ രണ്ടും പെണ്ണുങ്ങൾക്കാണ് കൊടുത്തതെന്ന് തറപ്പിച്ചു പറയണം ശപഥങ്ങളും ക്ഷമാപണങ്ങളും കുറെ അങ്ങനെ ഒരു നിമിഷത്തിൽ ചുട്ടത്താക്കിയതോടെ ഈ മോതിരങ്ങൾ അതേ വിരലിൽ അങ്ങിട്ട് കൊടുക്കണം ശരി ശരി അത് കഴിഞ്ഞ് അന്റോണിയോവിനെ ഈ കവറേൽപ്പിക്കാം ഇതിൽ ഒരത്ഭുത വാർത്തയുണ്ട് അയാളുടെ മൂന്ന് കപ്പലുകൾ സുരക്ഷിതമായും നിറയെ ചരക്കുമായും തിരിച്ചെത്തിയതായിട്ട് ഏഹ് ഇതവിടുന്ന് കിട്ടി അതൊരു രസമുള്ള അതിശയം തന്നെ ഞാൻ കോടതിയിലേക്ക് പ്രവേശിക്കുന്നേരം ഒരാൾ ധൃതിയിൽ വന്ന് തന്നതാണ് അന്റോണിയോവിന് കൈമാറാൻ നല്ലൊരു സന്ദർഭത്തിനായി ഞാനിത് കരുതി വെച്ചു കൊള്ളാം ആ അതും കഴിഞ്ഞാൽ ലോറൻസോവിനും ജെസീകയ്ക്കും ഒരു വിവാഹ സമ്മാനം ഒപ്പിട്ട ഈ പ്രമാണം ഒടുവിൽ എന്റെ മച്ചുനൻ ഡോക്ടർ ബെല്ലാരിയോ എനിക്ക് എഴുതിയ കത്തുകൂടി വെളിപ്പെടുത്തിയാൽ ശുഭം വനീസിലെ വ്യാപാരി നാടകം ഇവിടെ പൂർണമാകുന്നു മൂലരചന വില്യം ഷേക്സ്പിയർ റേഡിയോ രൂപാന്തരം കെ വത്സൺ കുഞ്ഞിമംഗലം അഭിനേതാക്കൾ രചിത മധു ഷേളി മാത്യു കെ പി ശ്രീജ കരുവല്ലൂർ പി ടി മനോജ് ഹരിദാസ് ചെറുകുന്നർ രവീന്ദ്രൻ പട്ടേന രാമചന്ദ്രൻ ഗംഗാധരൻ ചെറുവത്തൂർ എം വി ബാബുരാജ് ആർ വിമലസേനൻ നായർ വി ചന്ദ്രബാബു എം എസ് വാസുദേവൻ പി വി ഹരീന്ദ്രൻ കുഞ്ഞികൃഷ്ണൻ പരിയാരം സംവിധാന സഹായം എം ബിജു സി സീമ സംവിധാനം വി ചന്ദ്രബാബു